രാശിക്ക് വേണ്ടിയുള്ള ധർമ്മശാസ്ത്രമാകുന്നു ഗീത മഹർഷി വേദവ്യാസൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹർഷി വേദവ്യാസന് മുൻപ് ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച പ്രബോധാത്മകമായ കൃതികൾ ഒന്നും എഴുത്തു ഉണ്ടായിരുന്നില്ല ബുദ്ധിയും അറിവും വായ്മൊഴിയിലൂടെ കൈമാറ്റം ചെയ്തിരുന്ന അന്നത്തെ പാരമ്പര്യത്തിൽ നിന്നും വിട്ടുമാറി അദ്ദേഹം അന്ന് വരെയുള്ള ഭൗതികവും ആത്മീയവുമായ വിജ്ഞാനം ബ്രഹ്മസൂത്രം മഹാഭാരതം ഭാഗവതം ഗീത എന്നീ നാല് കൃതികളും വേദങ്ങളും ലിപിലിപ്തമാക്കി അദ്ദേഹം പറഞ്ഞു സംസാരദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുവാനായി എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരം ശ്രീഗോപാലകൃഷ്ണൻ ഗീതയിൽ സമാഹരിച്ചിരിക്കുന്നുവെന്ന് സർവോപനിഷദദോ ഗാവോ ദോക്തഗോപാലനന്ദനഹ എല്ലാ വേദങ്ങളുടെയും പ്രാണനായിരിക്കുന്ന ഉപനിഷത്തുക്കളുടെയും സത്ത് ശ്രീകൃഷ്ണൻ കറന്നെടുത്തതാണ് ശ്രീമദ് ഭഗവത്ഗീത മനുഷ്യരാശിയെ മുഴുവൻ അശാന്തിയിൽ നിന്നും പരിപൂർണ ശാന്തിയിലേക്ക് അതായത് പരമാത്മാവിലേക്ക് ചെന്നു ചേരുന്നതുവരെ ഗീത വഴികാട്ടുന്നു ഭീഷ്മപർ ഗീതമനനം ചെയ്ത് ഹൃദയത്തിൽ ധാരണം ചെയ്യുന്നതിന് എല്ലാവിധത്തിലും യോഗ്യതയുള്ളതാകുന്നു ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഭണ്ഡാരമാകുന്നു ശ്രീ പത്മനാഭ ഭഗവാന്റെ ശ്രീമുഖവാണിയാകുന്നു അങ്ങനെയിരിക്കെ അന്യശാസ്ത്രങ്ങളുടെ സമാഹരണം കൊണ്ട് എന്ത് നേട്ടം ഗീതയുടെ സാരാംശം ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു അതായത് ദേവകീപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീമുഖവാണിയിൽ കൂടി പ്രകടമായ ആത്മീയ കൃതി ഒന്നേയുള്ളൂ ഗീത സത്യമായത് ഒന്നേയുള്ളൂ ആത്മാവ് ആത്മാവല്ലാതെ അനശ്വരമായ രണ്ടാമതൊന്ന് ഇല്ലാത്തതാകുന്നു ഏതൊരു മനുഷ്യന്റെയും ജന്മലക്ഷ്യം ആ പരമാത്മ പ്രാപ്തിയാകുന്നു അതിനുവേണ്ടി ജപിക്കേണ്ട മന്ത്രം ഓം ആകുന്നു ശ്രീകൃഷ്ണൻ പറയുന്നു അർജുന ഓം ജപിക്കുക എന്നെ മാത്രം ധ്യാനിക്കുക സർവപ്രധാന ധർമ്മവും കർമ്മവും ഒന്നു മാത്രം പരമാത്മസേവ അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയാദരവോടെ ദൈവത്തിന് ഇടം നൽകുക സൃഷ്ടിയുടെ ആരംഭകാലം മുതൽ ഗീത മനുഷ്യരാശിയുടെ ഉത്കൃഷ്ടധർമ്മശാസ്ത്രമായി നിലനിന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ലോകത്തിൽ ഉണ്ടായിട്ടുള്ള സർവമഹാപുരുഷന്മാരും ഒരേ ഒരു ഈശ്വരൻ മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സത്യം തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഗീതയുടെയും സന്ദേശവും ഇഹലോകത്തിലും പരലോകത്തിലും നിങ്ങൾക്കുള്ള മോഹങ്ങൾ ഈശ്വര സമക്ഷം സമർപ്പിക്കുക ഈശ്വരനെ ഭയപ്പെടുക മറ്റൊന്നിനെയും ഈശ്വരനായി കാണാതിരിക്കുക എന്നിങ്ങനെ എല്ലാ മഹാപുരുഷന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈശ്വരനും നിങ്ങളും തമ്മിലുള്ള ദൂരം എത്രയെന്നും ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള സാധനാ പദ്ധതിയുടെ അങ്കോപാംഗക്രമബദ്ധ സിദ്ധാന്തം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത് ഗീതയിൽ മാത്രമാകുന്നു ഈ പൗരാണിക കൃതിയുടെ ആധുനിക കാലാനുസരണവും യഥാർത്ഥവുമായ വ്യാഖ്യാനമാകുന്നു യഥാർത്ഥ ഗീത നിങ്ങൾ പരമസുഖവും പരമശാന്തിയും കാക്ഷിക്കുന്നുവെങ്കിൽ ഈ യഥാർത്ഥ ഗീത ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക നിങ്ങൾക്ക് വേണ്ടത് ഈ ഗീതയിൽ കിട്ടും ഇന്ന് ഗീത ലോകമാകെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഗീത ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ധാർമ്മിക ഗ്രന്ഥമായി ഒരിക്കലും മാറിയിട്ടില്ല യാതൊരു മതത്തിൻ്റെയും ഒരു നാമം പോലും ഗീതയിലില്ല കാരണം ഗീത പ്രാപഞ്ചിക ഭീഷണിയുടെ സൃഷ്ടിയായതിനാൽ ആധ്യാത്മിക രാഷ്ട്രമായ ഭാരതത്തിൽ ജന്മമെടുത്ത ഈ ഗീത ഈശ്വരീയ സമ്പത്താണ് ദേശീയ ധർമ്മശാസ്ത്രമായി ഇതിനെ പരിഗണിക്കപ്പെടണം എന്തുകൊണ്ടെന്നാൽ ഇന്ന് ജാതിമത ഭേദഭാവനയാലും തീവ്രവാദ സംഘർഷത്തിനാലും പീഡിതമായിരിക്കുന്ന ജനതയ്ക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ പര്യാപ്തമായതും യാതൊരു മതസമ്പ്രദായത്തെയും പ്രതിനിധീകരിക്കാതെയും നിരാകരിക്കാതെയും മാനവരാശിയെ മുഴുവൻ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ ആധ്യാത്മിക ശാസ്ത്രമായതിനാൽ ഓർമ്മസിദ്ധാന്തം ഏകം എല്ലാവരും ഈശ്വരന്റെ മക്കൾ മമൈവാംശോ ജീവലോകേ ജീവഭൂത്ത മനഃഷ്ടീന്ദ്രിയർഷ എല്ലാ മനുഷ്യരും ഈശ്വരന്റെ സന്താനങ്ങളാണ് ീരത്തിന്റെ പ്രയോജനം കിം പുനർബ്രാഹ്മണ പുണ്ാജർഷയസ്ത അമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാവിഹീനവും ക്ഷണഭുരവും അതേസമയം ദുർബലവുമാകുന്നു മനുഷ്യശരീരം അതിനാൽ എന്നെ ഭജിക്കുക ഭജിക്കാനുള്ള അവകാശം മനുഷ്യശരീരം കിട്ടിയവർക്ക് മാത്രമാണ് മൂന്ന് മനുഷ്യർ രണ്ട് ജാതി മാത്രം ോക്തുരം മനുഷ്യർ രണ്ട് പ്രകാരത്തിൽ മാത്രം ദേവപ്രകൃതിയും അസുരപ്രകൃതിയും ഹൃദയത്തിൽ ദൈവസമ്പത്തിന്റെ പ്രവർത്തനമുള്ളവൻ ദേവൻ ആസുരസമ്പത്തിന്റെ പ്രവർത്തനമുള്ളവൻ അസുരൻ സൃഷ്ടിയിൽ മൂന്നാമതൊരു ജാതി ഇല്ലാതാകുന്നു നാല് ആഗ്രഹിക്കുന്നതെന്തും ഈശ്വരൻ നൽകും ത്രൈവിദ്യമാം സോമപാഹൂതാപ യജ്ഞൈരിഷ്ടവർഗതിം പ്രാർത്ഥയൻ േ പുണ്സാദ്യ സുരേന്ദ്രോകം ദിവ്യോഗം എന്നെ ഭജിക്കുന്നവർ സ്വർഗം കിട്ടാൻ വരെ ആഗ്രഹിക്കുന്നു ഞാൻ അതെല്ലാം നൽകുന്നുമുണ്ട് പരമാത്മാവിൽ നിന്നും എന്തും ലഭിക്കുമെന്നർത്ഥം അഞ്ച് ഭഗവതാശ്രയം പാപമോചകം ഏറ്റവും വലിയ പാപികൾ ചെയ്തതിനേക്കാൾ വലിയ പാപം ചെയ്തവനും ജ്ഞാന നൗകയിലേറി സംസാരസാഗരത്തിന്റെ അക്ര കടക്കാനാവും സംസാരം എന്നാൽ ഭൗതികജീവിതം ആറ് ജാനം അധ്യാത്മജാനം തശനം ഏതജ്ഞാനിതി പ്രോക്തം അജ്ഞാനം യോ ആത്മാഭവന്റെ സർവാധിപത്യം അംഗീകരിക്കൽ അതായത് തത്വാർത്ഥ ദർശനം എന്ന നിലയിൽ പരമാത്മസാക്ഷാത്കാരം അതാണ് ജ്ഞാനം ഇതൊഴിച്ചിട്ടുള്ളതെല്ലാം അജ്ഞാനവും ഈശ്വരനെ നേരിട്ടറിയുന്നതാണ് ജ്ഞാനമെന്നു ചുരുക്കം ഏഴ് ഭജിക്കാനുള്ള അവകാശം എല്ലാവർക്കും അപ്പ ചേത് സുദുരാചാരോ ഭജത്തെ മാമന സാധുരേവ സമത സമ്യവസി സഹിപ്രംഭവതി ധർമാാതി ഏറ്റവും വലിയ ദുർവൃത്തൻ പോലും എന്നെ നിരന്തരം ഭജിച്ചാൽ സദ്വൃത്തനായിത്തീരും അങ്ങനെ എക്കാലവും നിലനിൽക്കുന്ന ശാന്തിയും നേടാനിടയാവും പരമാത്മാവിന് സ്വയം സമർപ്പിക്കപ്പെടുന്ന ആളാണ് ധർമാത്മാവ് ഏതൊരു ദുരാചാരിക്കും ഭജനം ചെയ്യാൻ അധികാരമുണ്ട് എട്ട് ഭഗവൻ മാർഗത്തിൽ നിഷ്കാമകർമ്മീജം നശിക്കുന്നില്ല നേക്രമനശോസ് പ്രത്യവന വിദ്യത്തെ സ്വൽപ്പത്രയേ മഹതോ ഭയ ഈ ആത്മദർശന പ്രക്രിയയുടെ അത്യൽപ്പമായ ആചരണം പോലും ജനനമരണ ഭയത്തിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കാൻ പര്യാപ്തമാകുന്നു ഒമ്പത് ഈശ്വരന്റെ നിവാസം ഈശ്വര സർവഭൂതർജു ഭ്രാമം സർവഭൂത്തൂഢാ ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നു തമേവരണം ഗഭാവ ഏകനായ ആ പരമാത്മാവിനെ പൂർണ്ണമായ ശരണം പ്രാപിക്കുക ആ പരമാത്മാവിന്റെ കൃപ കൊണ്ട് പരമശാന്തിയിൽ മുഴുകാനും ശാശ്വതമായ പരമധാമത്തിൽ എത്താനും കഴിയും പത്ത് യജ്ഞം സർവാണീന്ദ്രിയാണകർമാണി ആത്മസൈയമോ ജുഹദീപിത്തെ എല്ലാ ഇന്ദ്രിയ വ്യവഹാരങ്ങളും മനോവ്യവഹാരങ്ങളും ആത്മസംയമരൂപി യോഗാഗ്നിയിൽ ഓമിക്കപ്പെടുമ്പോൾ ത്മാവ് പ്രകാശിതമാകുന്നു അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണപാനാമപരാണ യോഗികൾ ശ്വാസത്തെ ഉച്ഛ്വാസത്തിൽ ഹോമിക്കുന്നു ഉച്ഛാസത്തെ ശ്വാസത്തിലും അങ്ങനെ ഉച്ചാവസ്ഥയിൽ എത്തിയിട്ട് ശ്വാസോച്ഛ്വാസഗതി നിരോധിച്ച് പ്രാണായാമത്തിൽ മുഴുകാം ഇത്തരം യോഗവിശേഷമാണ് യജ്ഞം യജ്ഞത്തെ പ്രവർത്തനോന്മുഖമാക്കുന്നതാണ് കർമ്മം പതിനൊന്ന് യജ്ഞം ചെയ്യാനുള്ള അധികാരം യജ്ഞം ചെയ്യാത്തവർക്ക് വീണ്ടും മനുഷ്യശരീരം ലഭിക്കയില്ല മനുഷ്യശരീരം ലഭിച്ച ഏവരുടെയും കടമയാണ് യജ്ഞം ചെയ്യൽ എന്നർത്ഥം പന്ത്രണ്ട് ഈശ്വരനെ കാണാം ഭക്യാനയാ അഹമേവം വിധോർജു ദ്രഷ്ടപ അനന്യഭക്തിമൂലം എന്നെ പ്രത്യക്ഷമായി കാണാനും അറിയാനും എളുപ്പമാകുന്നു എന്നെ പ്രാപിക്കാനും സുലഭമാകുന്നു पश्यति പശ്യത്തി കിദനം ആശ്ചര്യവത് വൈവ്യം ആശ്ചര്യവൈനമന്യ ശൃണോതി ശ്രുവാ ഈ അനശുരനായ ആത്മാവിനെ അപൂർവം ചിലർ ഒരദ്ഭുതം പോലെ കാണുന്നു ആത്മാവിനെ ആർക്കും കാണാനാവുമെന്നർത്ഥം പതിമൂന്ന് സത്യവും സനാതനവുമാകുന്നു ആത്മാവ് അച്ഛേദ്യോയമ്യോയം അക്ലേദ്യോഷവ നിത്യ സർവഗതസ്ഥാണു ഈ ആത്മാവ് അചലനാകുന്നു അതേസമയം സർവവ്യാപിയും സനാതനവുമാകുന്നു പതിനാല് ബ്രഹ്മാവും സൃഷ്ടികളും നശ്വരങ്ങൾ ആ ബ്രഹ്മഭുവനാ ലോക പുനരാവർത്തിനോർജുന പുനർജന്മന വിദ്യ ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും ദേവന്മാരും മസുരന്മാരുമെല്ലാം നാശോന്മുഖരും ദുഃഖഭാരം വഹിക്കുന്നവരുമത്രേ പതിനഞ്ച് ദേവപൂജ ൈസ്തൈർതാ പ്രപദ്ദേവതമാകൃതാസ്വയാ ഭോഗ കാമനകൾക്ക് വിധേയരായ മൂഢബുദ്ധികളാണ് പരമാത്മാവിനെ വിട്ട് മറ്റ് ദേവതകളെ പൂജിക്കുന്നത് ദേവതാ ഭക്തയാന്വിതന്യവിധിപൂർവകം മറ്റു ദേവതകളെ പൂജിക്കുന്നവരും എന്നെ തന്നെയാണ് പൂജിക്കുന്നത് എന്നാൽ ആ പൂജ വിധിപൂർവകമല്ലാത്തതിനാൽ നിഷ്ഫലമായി പോകുന്നു ശാസ്ത്രവിധിയുടെ ത്യാഗം യജന് സാത്വി യാസി രാജസാ പ്രേതാഭൂതഗണശാന് യജന് താമസാ ജന അർജുന ചില സാത്വിക ഗുണമുള്ളവർ ദേവീദേവന്മാരെ പൂജിക്കുന്നു രാജസഗുണമുള്ളവർ യക്ഷഗന്ധർവന്മാരെയും താമസഗുണമുള്ളവർ ഭൂതപ്രേതാദി ദുർദേവതകളെയും പൂജിക്കുന്നു ഇവർ എല്ലാവരും അത്യന്തം ഭക്തിശ്രദ്ധയോടെയാണ് പൂജിക്കുന്നതെങ്കിലും ശാസ്ത്രവിധികളെ വിട്ടുകളഞ്ഞിരിക്കുകയാണ് അതിനാൽ ൂതഗ്രാമചേതുരനിശ്ചയാ അവർ പ്രതിമകളായ ബിംബങ്ങളെ പൂജിച്ച് കാലം കഴിക്കുന്നു അന്തര്യാമിയായിരിക്കുന്ന എന്നെ സ്മരിക്കുന്നു പോലും ഇല്ല അതിനാൽ ഇവരെ നീ അസുരന്മാരായി കാണുക ഇവരുടെ വൃത്തികളെ അറിയുക പതിനാറ് അധന്മാർ താനഹം ദ്വിഷതക്രൂര സംസാര യജ്ഞവിധികൾ വകവയ്ക്കാതെ സ്വയം തട്ടിക്കൂട്ടിയ നിയമങ്ങൾ കൊണ്ട് യജ്ഞം ചെയ്യുന്നവർ ക്രൂരകർമ്മികളും പാപിഷ്ടന്മാരും മനുഷ്യാധമന്മാരുമത്രേ പതിനേഴ് നിയതവിധികൾ ഏവാ ഓമി ക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യാതി തജേം സയാതി പരമാ ഗതി ഓം എന്ന അക്ഷരം അക്ഷയമായ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു ഓങ്കാര ജപവും ഒപ്പം ഏകനായ പരമാത്മാവിന്റെ സ്മരണയും തത്വദർശിയായ ഒരു മഹാപുരുഷന്റെ ശിക്ഷണത്തിൽ നടത്തുന്ന ധ്യാനവുമാണ് നിയതവിധികൾ പതിനെട്ട് ശാസ്ത്രം ശാസ്ത്രം ഇതമുക്തം മയാന ബുദ്ധിമാൻ സൃതകൃത്യശ്ചാരത് അർജുന ഇങ്ങനെ അതിഗോപനീയമായ ശാസ്ത്രമായ ഗീത നിനക്ക് ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞു സ്പഷ്ടമായ ശാസ്ത്രമാകുന്നു ഈ ഗീത തസ്മാാസ്ത്രം പ്രമാണിത് ചെയ്യാവുന്ന കാര്യത്തിനും ചെയ്യരുതാത്ത കാര്യത്തിനും ശാസ്ത്രമാണ് പ്രമാണം അതിനാൽ ഗീതയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക പത്തൊമ്പത് ധർമാൻ പരിതമാമേ ശരണം വ്രജ അഹം ക്ഷമിമാശുചർമ്മവിഷയമായ തകിടം മറച്ചിലുകൾക്ക് വിധേയനാകാതെ എന്നെ മാത്രം ശരണം പ്രാപിക്കുക ഒരേ ഭഗവാനിൽ സർവസ്വം സമർപ്പിക്കുക ഇതാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം പ്രഭുവിനെ സാക്ഷാത്കരിക്കാനുള്ള നിശ്ചിത നിയമങ്ങൾ അനുവർത്തിക്കുന്നതാണ് ധർമാചരണം അവ ആചരിക്കുന്നയാൾ മഹാപാപിയാണെങ്കിൽ കൂടി പെട്ടെന്ന് ധർമാത്മാവായിത്തീരുന്നു ം എവിടെ നിന്ന് നേടാം ബ്രഹ്മണോ പ്രതിഷ്ഠാഹം അമൃതാന്ക ആ അവിനാശിയായ ബ്രഹ്മത്തിന്റെ ശാശ്വതധർമ്മത്തിന്റെ അഖണ്ഡവും ഏകരസവുമായ ആനന്ദത്തിൻ്റെ ആധാരം ഞാനാകുന്നു പരമാത്മാസ്ഥനായ സദ്ഗുരുവത്രേ എല്ലാറ്റിൻ്റെയും ഏകാശ്രയം കുറിപ്പ് ലോകത്തിലെ എല്ലാ ധർമ്മങ്ങളുടെയും സത്യം ഗീതയിൽ കൂടിയാണ് ഒഴുകിയിറങ്ങിയത് മുഖപൂര വാസ്തവത്തിൽ ഗീതയ്ക്ക് ഒരു പുതിയ വ്യാഖ്യാനം രചിക്കേണ്ട ആവശ്യം ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല എന്തെന്നാൽ ഈ വിഷയത്തിൽ ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ ഇതിനോടകം രചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കൂട്ടത്തിൽ സംസ്കൃത വ്യാഖ്യാനങ്ങൾ തന്നെ അമ്പതോളം വരും ഗീതോപദേശത്തെ ആധാരമാക്കിയുള്ള അമ്പതോളം തത്വചിന്താ പദ്ധതികളും ഇന്ന് നിലവിലുണ്ട് എല്ലാറ്റിൻ്റെയും ആധാരശില ഒരേ ഒരു ഗീത തന്നെ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഒരഭിപ്രായം മാത്രമല്ലേ പ്രകടിപ്പിച്ചിരിക്കുകയുള്ളൂ എന്നിട്ടും എന്തേ ഈ മതഭേദങ്ങൾ വക്താവ് ഒരു കാര്യം പറയുമ്പോൾ ശ്രോതാക്കൾ പത്തുപേരുണ്ടെങ്കിൽ അത് പത്ത് തരത്തിൽ മനസ്സിലാക്കിയെന്ന് വരാം താമസമോ രാജസമോ സാത്വികമോ ആയ വിഭിന്ന ഗുണങ്ങളുടെ സ്വാധീനത മൂലം വിഭിന്ന വ്യക്തികളുടെ ബുദ്ധിമണ്ഡലങ്ങൾ വിഷയങ്ങളെ വ്യത്യസ്ത രീതിയിൽ ഉൾക്കൊണ്ടുവെന്നും വരാം അതിനാൽ മതഭേദങ്ങൾ സ്വാഭാവികമത്രേ ചിലപ്പോൾ ഒരു സിദ്ധാന്തത്തെ തന്നെ വിവിധ വിചാരഗതിക്കാർ വിഭിന്ന കാലങ്ങളിൽ ഭിന്ന ഭിന്ന ഭാഷകളിൽ വിശദീകരിക്കുമ്പോൾ ശുദ്ധഗതിക്കാരായ സാധാരണ ജനങ്ങൾ ഏതർത്ഥമാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ സംശയഗ്രസ്തരായി പോകും വിഭിന്ന വ്യാഖ്യാനങ്ങളുടെ ഇടയിൽ സത്യത്തിൻ്റെ ധാരയും ഒഴുകുന്നുണ്ടാവാം എന്നാൽ ആയിരം വ്യാഖ്യാനങ്ങളിൽ ശരിയായ അർത്ഥം വിവരിക്കുന്ന ഒരു വ്യാഖ്യാനം ഉണ്ടായാൽ തന്നെ അത് തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല ഗീതയുടെ ഉപലബ്ധമായ മിക്ക വ്യാഖ്യാനങ്ങളും തൽക്കർത്താക്കളുടെ സ്വതന്ത്ര ചിന്തയുടെ ഉദ്ഘോഷണങ്ങൾ മാത്രമായി തരംതാണു പോയിരിക്കുന്നു ഗീതയുടെ ശുദ്ധമായ അർത്ഥം അവയിൽ നിന്നും വളരെ ദൂരത്തായിരിക്കും ചില മഹാപുരുഷന്മാർ ഗീതയുടെ ശരിയായ അർത്ഥതലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന കാര്യം നിസ്സംശയമത്രേ എന്നാൽ ആ സത്യം പല കാരണങ്ങളാൽ ബഹുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണൻ ഒരു യോഗിയായിരുന്നു എന്നതാണ് ആ മഹാത്മാവിന്റെ ആശയങ്ങൾ ഹൃദയംഗമമാകാത്തതിന് മൂലഹേതു ശ്രീകൃഷ്ണൻ ഏത് കാര്യങ്ങൾ പറഞ്ഞുവോ ആ തലത്തിലേക്ക് ഉയർന്നു ചെല്ലാൻ കഴിവുള്ള മഹാപുരുഷന്മാർക്ക് മാത്രമേ ഗീതോപദേശം നൽകിയപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെ മനസ്സിലാക്കാനും പ്രത്യക്ഷരം വിശദീകരിക്കാനും സാധ്യമാകൂ മനസ്സിലായ കാര്യങ്ങൾ പോലും മുഴുവനായി വിശദീകരിക്കുവാൻ കഴിവുള്ളവർ ചുരുക്കമാണ് ചിലതൊക്കെ വാച്യമായി അവതരിപ്പിക്കാം ചില ഭാഗങ്ങൾ വ്യഭംഗ്യ പ്രകാശിപ്പിക്കാം എന്നാൽ സാധനയിലൂടെ ഉൾക്കൊള്ളേണ്ട മറ്റ് കാര്യങ്ങൾ ആത്മീയ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ അഭിഗമ്യമാവൂ പടിപടിയായി പുരോഗമിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവ് നിലകൊള്ളുന്ന എത്തിച്ചേരുന്ന ഒരു മഹാപുരുഷന് മാത്രമേ ഗീതയുടെ ഉള്ളടക്കം ശരിക്കും മനസ്സിലാവൂ ആ മഹാപുരുഷൻ ഗീതയിലെ വരികൾ വെറുതെ ആവർത്തിച്ചുരുവിടുകയല്ല പിന്നെയോ ആ വരികൾ ഉൾക്കൊള്ളുന്ന ഉത്കൃഷ്ടമായ ആശയലോകത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത് ശ്രീകൃഷ്ണൻ ആവിഷ്കരിച്ച തത്വങ്ങൾ ആ മഹാപുരുഷന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിനാലാണ് നിങ്ങൾക്ക് കാട്ടിത്തരാന് ചേതനയെ തട്ടിയുണർത്തി മഹാസത്യത്തിലേക്ക് നിങ്ങളെ നയിക്കാനും സാധ്യമാകുന്നത് പൂജ്യശ്രീ പരമാനന്ദഗുരു പരമഹംസൻ ഉപരിപരാമൃശ്യമായ സമുന്നത സ്ഥിതിയിൽ എത്തിച്ചേർന്ന ഒരു മഹാത്മാവാണത്രേ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിലൂടെയും സ്വന്തം ഉൾക്കാഴ്ചയിലൂടെയും ലഭിച്ച ഗീതാർത്ഥങ്ങളുടെ സങ്കലിത രൂപമാണ് ഈ യഥാർത്ഥ ഗീത ഇതിൽ എന്റേതായി ഒന്നുമില്ല ഞാനിത് ലേഖനബദ്ധമാക്കിയെന്നേയുള്ളൂ സാധനകളിലൂടെ യഥാർത്ഥജ്ഞാനം നേടിയാൽ അജ്ഞതയുടെ പരിധി കടക്കാം ഒരാൾ ശരിയായ അർത്ഥത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നതിനർത്ഥം അയാൾ സാധനകൾ ചെയ്യുന്നില്ല എന്നതാണ് അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരർത്ഥത്തെ അന്ധമായി പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ ഗീതാ തത്വം അറിയാൻ ഒരു മഹാപുരുഷനെ ശരണം പ്രാപിക്കുകയാണ് കരണീയം ശ്രീകൃഷ്ണൻ വ്യത്യസ്തനായ ഒരു പുതിയ സത്യമല്ല അവതരിപ്പിച്ചിട്ടുള്ളത് ഋഷിഭിർ ബഹുദാ ഋഷികളാൽ അനേകം പ്രാവശ്യം സ്തുതി ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുത തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ജ്ഞാനം താൻ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എന്ന് തനിക്ക് മാത്രമേ അത് പറഞ്ഞു തരാനാവൂവെന്നോ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു തത്ത്വദർശിയുടെ അടുത്ത് ചെന്ന് നിർവാജ്യ സേവനമനുഷ്ഠിച്ച് ആ ജ്ഞാനം നേടുക എന്നാണ് ശ്രീകൃഷ്ണൻ അവതരിപ്പിച്ചത് മഹാപുരുഷന്മാർ അന്വേഷിച്ചെറിഞ്ഞ ആ സത്യം തന്നെയാകുന്നു ഗീത നല്ലവണ്ണം മനസ്സിലാവുന്ന ലളിത സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് അന്വയാർത്ഥം അറിഞ്ഞാൽ തന്നെ ഗീതയുടെ അർത്ഥം ഏറെക്കുറെ മനസ്സിലാകുന്നതാണ് എന്നാലും അർത്ഥം പൂർണ്ണമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഉദാഹരണത്തിന് യജ്ഞം അനുഷ്ഠിക്കലാണ് കർമ്മം എന്ന് ശ്രീകൃഷ്ണൻ സ്പഷ്ടമായി പറഞ്ഞിട്ടും ചിലർ കൃഷിപ്പണിയാണ് കർമ്മമെന്ന് ധരിച്ചാൽ എന്താണ് ചെയ്യുക യജ്ഞത്തെ സ്പഷ്ടമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രാണവായുവിനെ നിങ്ങൾ യോഗികൾ അപാനവായുവിൽ ഹോമിക്കുന്നു വേറെ ചിലർ അപാനനെയും പ്രാണനെയും നിരോധിച്ചിട്ട് പ്രാണായാമത്തിൽ മുഴുകുന്നു ിയും ചില യോഗികൾ ഇന്ദ്രിയ വ്യാപാരങ്ങളെ മുഴുവൻ സംയമനാഗ്നിയിൽ ഹോമിക്കുന്നു ഇങ്ങനെയുള്ള ശ്വാസോച്ഛ്വാസ ചിന്തനമാണ് യജ്ഞം മനസ്സിനെ ഇന്ദ്രിയങ്ങളോടൊപ്പം നിയന്ത്രിക്കുന്നതാണ് യജ്ഞം ശാസ്ത്രകാരൻ യജ്ഞങ്ങളെ ഇങ്ങനെ നിർവചിച്ചിട്ടും വിഷ്ണുവിന് സ്വാഹ പറയുകയും അഗ്നിയിൽ വരിനെല്ല് വാരിയിടുകയും എണ്ണയും നെയ്യും ഒഴിക്കുകയും ചെയ്യുന്നതാണ് യജ്ഞമെന്ന് താങ്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതാരുടെ കുറ്റം അങ്ങനെ അർത്ഥം വരുന്ന ഒരു വാക്കുപോലും യോഗേശ്വരൻ പറഞ്ഞിട്ടില്ല എന്നോർക്കണം നിങ്ങൾക്ക് ഗീതയുടെ അർത്ഥം പിടികിട്ടാത്തതിന് എന്തേ കാരണം മുടിയിഴകൾ നുള്ളിക്കീറിക്കൊണ്ട് ഉരുവിട്ട് പഠിച്ചാൽ പോലും വാക്യവിന്യാസം മാത്രമേ സ്വാധീനമാക്കാൻ പറ്റൂ യഥാർത്ഥത്തിലുള്ള ആശയം അറിയേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ വാസ്തവത്തിൽ മനുഷ്യജന്മം നേടി അനുക്രമം വളർന്നു പൈതൃകസ്വത്ത് അതായത് വീട് കട കൃഷിസ്ഥലം പദവി പശു എരുമ യന്ത്രോപകരണങ്ങൾ എന്നിവ പാരമ്പര്യമായി തന്നെ ലഭിക്കുന്നു ഇത്തരത്തിൽ തന്നെ ആചാരങ്ങൾ കുടുംബനില പൂജാരീതികൾ എന്നിവയും പാരമ്പര്യമായി ലഭിക്കുന്നു മുപ്പത്തിമുക്കോടി ദേവതകളെ പണ്ടേ ഭാരതീയർ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട് കണക്കിൽപ്പെടാത്ത ദൈവങ്ങൾ ഇനിയുമുണ്ടാകാം അച്ഛനമ്മമാരും സഹോദരങ്ങളും അയലത്തുകാരും ഇവയെ ആരാധിക്കുന്നത് കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത് കുടുംബത്തിൽ കാണുന്ന പൂജാവിധികൾ അവരുടെ മസ്തിഷ്കത്തിൽ മുദ്രപതിപ്പിക്കുന്നു ദേവീ പൂജയാണ് കാണുന്നതെങ്കിൽ ജീവിതം മുഴുവൻ ദേവി ദേവി എന്നൊരുവിട്ട് കഴിഞ്ഞുകൂടിക്കൊള്ളും കുടുംബത്തിൽ ഭൂതപൂജയാണ് നടക്കുന്നതെങ്കിൽ ഭൂതം ഭൂതം എന്നൊരുവിടും ചിലർ കൃഷ്ണനെ ചിലർ ശിവനെ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു ദേവനെ പിടികൂടാത്തവർ വിരളമത്രേ അങ്ങനെ ഉള്ളിൽ ആവേശിക്കുന്ന ദേവതയെ അവർക്ക് ഉപേക്ഷിക്കാനാവില്ല ഈ വിധം അസ്ഥിര ബുദ്ധിയായ ഒരാൾക്ക് ഗീത പോലുള്ള ശുഭദായകമായ ഒരു ശാസ്ത്രം ലഭിച്ചാൽ തന്നെ അതയാൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാവും പൈതൃക സ്വത്ത് ചിലപ്പോൾ ഉപേക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ ഉള്ളിൽ ഉറഞ്ഞുപോയ പഴയ ആചാരങ്ങളെയും മതപരമായ വിഭിന്ന വിശ്വാസങ്ങളെയും എങ്ങനെ കൈവിടാനാവും പൈതൃക സ്വത്തിനെ തിരസ്കരിച്ച് സുദൂരം സഞ്ചരിക്കാൻ പറ്റിയാലും ആഴത്തിൽ ഉറച്ചുപോയ ആചാര വേരുകൾ തലച്ചോറിൽ നിന്ന് പറിച്ചുകളയാൻ പ്രയാസമാണ് ശിരസുമാറ്റിവയ്ക്കാൻ എന്തായാലും സാധിക്കുകയില്ലല്ലോ അതിനാൽ ഉള്ളിൽ ഉറച്ചുപോയ ആചാരങ്ങളും രീതികളും കുലമഹിമകളും പൂജാ പദ്ധതികളും ആധാരമാക്കിയേ യഥാർത്ഥ ശാസ്ത്രം പോലും നിങ്ങൾക്ക് വീക്ഷിക്കാനാവൂ അവയോട് സമരസപ്പെടുന്ന ആശയങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് സ്വീകാര്യമായി തോന്നൂ അല്ലാത്തവ തെറ്റെന്ന് നിങ്ങൾ വിധിയെഴുതും ഇക്കാരണത്താൽ ഗീതാരഹസ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്നും നിഗൂഢമായി തന്നെ നിലകൊള്ളൂ ഇത് ശരിക്കും ഉൾക്കൊള്ളുന്നത് ഒരു മഹാത്മാവോ സദ്ഗുരുവോ മാത്രമായിരിക്കും അത്തരം ഒരാൾക്ക് മാത്രമേ ഗീതയുടെ സന്ദേശം വ്യക്തമാക്കാനാവൂ മറ്റുള്ളവർക്ക് പൂർണ്ണമായി അതറിയാനോ പറയാനോ ആവില്ല എല്ലാവർക്കും അംഗീകാരമായ ഒരു പോംവഴി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ഗീതാരഹസ്യം ഉൾക്കൊണ്ട ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ ഇത് മനസ്സിലാക്കുക എന്നത് മാത്രമത്രേ ഗീത ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയെയോ കാലത്തെയോ ദേശത്തെയോ ജാതിയെയോ വർഗത്തെയോ മാർഗത്തെയോ ആചാരസമ്പ്രദായത്തെയോ കുറിക്കുന്ന ഒരു സാധാരണ ഗ്രന്ഥമല്ല ഇത് സാർവലൗകിക പ്രസക്തിയുള്ള ഒരു ഉത്കൃഷ്ട കൃതിയാണ് ഓരോ ജാതിയിലും ഓരോ ദേശത്തിലുമുള്ള ഓരോ സ്ത്രീക്കും പുരുഷനും വേണ്ടി അഥവാ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി രചിക്കപ്പെട്ടതാണ് ഗീത മറ്റൊരാളുടെ നിർദ്ദേശത്തിനനുസരിച്ചോ അഥവാ ആരുടെയെങ്കിലും സ്വാധീന ശക്തിക്ക് വിധേയനായിട്ടോ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എല്ലാ ഭൂതകാല അഭിലാഷങ്ങളിൽ നിന്നും വിടുതൽ നേടുന്ന സത്യാന്വേഷകർക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഒരു ദീപസ്തംഭമാണ് ഈ ആർഷഗ്രന്ഥം വേദം മാത്രമാണ് പ്രമാണമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു വേദം എന്നുവച്ചാൽ ജ്ഞാനം അതായത് പരമജ്ഞാനം എന്നർത്ഥം സംസ്കൃത സംഹിതകളോ അല്ല പരമാത്മാവിൻ്റെ ആസ്ഥാനം പുസ്തകം പരമാത്മാവിനെ പരാമർശിക്കുന്ന ഒരു ഉപകരണം മാത്രം ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് പരമജ്ഞാനം വിശ്വാമിത്രൻ ധ്യാനനിഷ്ഠനായി കഴിയവേ ആ ഭക്തിപ്രകർഷം കണ്ട് ബ്രഹ്മാവ് വന്ന് ഇങ്ങനെ പറഞ്ഞു ഇന്നു മുതൽ നീ ഋഷിയാകട്ടെ വിശ്വാമിത്രന് സന്തോഷം തോന്നിയില്ല അദ്ദേഹം വീണ്ടും മഗ്നായി കുറെ കാലം കഴിഞ്ഞ് ദേവന്മാരോടൊത്ത് വന്നെത്തിയ ബ്രഹ്മാവ് ഇങ്ങനെ മുഴിഞ്ഞു നീ ഇന്നുമുതൽ രാജശ്രിയാകട്ടെ എന്നിട്ടും സമാധാനമാകാതെ അദ്ദേഹം വീണ്ടും ആത്മചിന്തനത്തിൽ മുഴുകി ബ്രഹ്മാവ് അടുത്ത ആത്മീയ സിദ്ധികൾ നൽകിയിട്ട് ഒരു മഹർഷിയാകട്ടെ എന്ന് വിശ്വാമിത്രനെ അനുഗ്രഹിച്ചു അപ്പോൾ വിശ്വാമിത്രം പറഞ്ഞു ഇത് വേണ്ട എന്നെ ജിതേന്ദ്രിയനായ മഹർഷി എന്ന് വിളിച്ചാൽ മതി പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജിതേന്ദ്രനായി കഴിഞ്ഞിട്ടില്ലല്ലോ ഇതായിരുന്നു ബ്രഹ്മാവിന്റെ പ്രതികരണം വിശ്വാമിത്രൻ അന്നുമുതൽ കഠിന തപസ്സിൽ മുഴുകി അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ നിന്നും തപസ്സിന്റെ പുക ഉയരാൻ തുടങ്ങി ദേവന്മാർ വിവരമറിയിച്ചതനുസരിച്ച് ബ്രഹ്മാവ് ഓടിയെത്തി താങ്കൾ ഇപ്പോൾ ബ്രഹ്മർഷിയായിരിക്കുന്നു എന്ന് അരുൾ ചെയ്തു വിശ്വാമിത്രൻ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു വേദങ്ങളെ ഞാൻ ബ്രഹ്മർഷിയായെങ്കിൽ നിങ്ങൾ ഈയുള്ളവനെ വരിച്ചാലും അപ്പോൾ വേദങ്ങൾ വിശ്വാമിത്രന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു അതോടെ അതുവരെ അജ്ഞാതമായിരുന്ന സകല തത്വങ്ങളും അദ്ദേഹത്തിന് വശമായി അങ്ങനെ വെളിപാട് കൊണ്ടതാണ് വേദം അത് വെറും വാക്യസമൂഹമല്ല അങ്ങനെ വിശ്വാമിത്രൻ എവിടെയുണ്ടോ അവിടെ വേദങ്ങളുമുണ്ട് ഈ വിഷയത്തെപ്പറ്റി ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ലോകം അവിനാശിയായ ഒരു അരയാൽ മരമാണ് മുകളിൽ അതിൻ്റെ മൂലമായ പരമാത്മാവ് താഴെ വിശ്വപ്രകൃതിയോളം നീണ്ടു പടർന്നു കിടക്കുന്ന ശാഖകൾ ഈ പ്രകൃതിയെ ധ്വംസിച്ച് പരമാത്മാവിനെ അറിയുന്ന ആളാണ് വേദജ്ഞൻ അർജുന വേദജ്ഞനാണ് ഞാൻ അപ്പോൾ പ്രകൃതിയെ കീഴടക്കുന്നതിലൂടെ നേടുന്ന പരമാത്മാനുഭൂതിയാണ് വേദം എന്ന് വന്നുകൂടുന്നു ഈ അനുഭൂതി ഈശ്വരദത്തമത്രേ അതുകൊണ്ടാണ് വേദം അപൗരുഷേയമെന്ന് പറയപ്പെടുന്നത് അപൗരുഷേയത്വത്തിലെത്തി നിൽക്കുന്നവരാണ് മഹാപുരുഷന്മാർ മഹാപുരുഷൻ എന്ന മാധ്യമത്തിലൂടെ പരമാത്മാവ് തന്നെയാണ് സംസാരിക്കുന്നത് പരമാത്മാവിൻ്റെ സന്ദേശം പ്രസാരണം ചെയ്യുന്നവരാണ് മഹാപുരുഷന്മാർ അവരുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ തത്വം കേവലം ശബ്ദജ്ഞാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാനാവില്ല ക്രിയാത്മകമാർഗത്തിൽ നിന്നകന്ന് അപൌരുഷേയ പദത്തിലെത്തി സ്വത്വം പരമാത്മാവിൽ ലയിപ്പിച്ചവർക്ക് മാത്രമേ ആ വിശിഷ്ടജ്ഞാനം സ്വായത്തമാവൂ വാസ്തവത്തിൽ വേദം അപൌരുഷേയമത്രേ നൂറോ നൂറ്റമ്പതോ മഹാപുരുഷന്മാരാണ് അതിന്റെ ഉപജ്ഞാതാക്കൾ അവരുടെ വെളിപാടുകളുടെ സമാഹൃത രൂപമാണ് വേദമെന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ഒരു ശാസ്ത്രം ലിപിബദ്ധമാവുമ്പോൾ സമകാലിക സാമൂഹ്യ നിയമങ്ങൾ കൂടി അതോടൊപ്പം എഴുതപ്പെടുക സ്വാഭാവികമാണ് മഹാപുരുഷന്മാരോടുള്ള ആദരവിന്റെ പേരിൽ ആ നിയമങ്ങൾ അവയ്ക്ക് ധർമ്മവുമായി വിദൂരബന്ധം പോലും ഇല്ലെങ്കിൽ കൂടി ജനങ്ങൾ ഇക്കാലത്ത് മന്ത്രിമാരുടെ മുമ്പിലും പിൻപിലും വിടാതെ കൂടുന്ന വിരുദന്മാർ അവർ മന്ത്രിമാർക്ക് അജ്ഞാതരാണെങ്കിൽ കൂടി ഉദ്യോഗസ്ഥന്മാരെ വിരട്ടി സ്വന്തം കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്ന സാധാരണമാണല്ലോ സാമൂഹിക നിയമങ്ങൾ ചിട്ടപ്പെടുത്തുന്നവരും ഇതേ മഹാപുരുഷന്മാരുടെ പേരും പറഞ്ഞ് ജീവിതത്തിൽ അനുഷ്ഠിക്കണമെന്ന് തങ്ങൾ കരുതുന്ന നിയമങ്ങൾ കൂടി ശാസ്ത്രത്തിന്റെ ഭാഗമെന്ന മട്ടിൽ എഴുതി ചേർക്കുന്നു എന്നാൽ അവയുടെ ഉപയോഗം ആ കാലഘട്ടത്തിന് മാത്രം ചേരുന്നതായിരിക്കും വേദങ്ങളുടെ കാര്യവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല അവയിലെ ചിരന്തന സത്യങ്ങൾ ഉപനിഷത്തുക്കളിൽ സംഗ്രഹിച്ചിരിക്കുന്നു ആ ഉപനിഷത്തുക്കളുടെ സാര സംഗ്രഹമാണ് യോഗീശ്വരനായ ശ്രീകൃഷ്ണൻ ഗീതയിലൂടെ ഉപദേശിച്ചത് ചുരുക്കത്തിൽ അപൗരുഷേയമായ ദേവസാര സർവസ്വമാണ് ഗീത ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ മഹാപുരുഷനും പരമാത്മാവിനെ ഉൾക്കൊള്ളുന്നതോടെ ഓരോ ധർമ്മഗ്രന്ഥത്തിൻ്റെയും പ്രാതിനിധ്യം വഹിക്കുന്നതായി കാണാം ലോകത്തെവിടെയും മഹാന്മാരുടെ സമാഹൃതവാക്യങ്ങൾ ശാസ്ത്രപദവിയിലേക്ക് ഉയരുന്നു എന്നാൽ ചില ധർമാവലംബികളുടെ അഭിപ്രായത്തിൽ ഖുറാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമാണ് സത്യം ഖുറാനെ ആർക്കും അതിജീവിക്കാനാവില്ല മറ്റു ചിലർ പറയുന്നു യേശു മിഷിഹായിൽ വിശ്വസിക്കാതെ സ്വർഗം കിട്ടുകയില്ല അദ്ദേഹം ദൈവത്തിന്റെ ഏകജാതനായ പുത്രനത്രേ ഇപ്പോൾ ഇങ്ങനെയുള്ള മഹാപുരുഷന്മാർ ഉണ്ടാവുകയില്ല ഇങ്ങനെയാണ് പഴയ വിശ്വാസങ്ങളുടെ പോക്ക് ഇവ കണ്ണുമടച്ച് അംഗീകരിക്കുകയാണെങ്കിൽ ഇത്തരം വിശ്വാസങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സാർവലൗകികമാണ് ഗീത ധർമ്മവിഷയകമായി ലോകത്തുണ്ടായിട്ടുള്ള കൃതികളിൽ ഗീതയ്ക്ക് അദ്വിതീയ സ്ഥാനമാണുള്ളത് ഇത് ഒരു ധർമ്മഗ്രന്ഥമെന്നതിനുപരി ധർമ്മഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യത്തിൻ്റെ ഒരു അളവുകൾ ഗീത എന്ന ഉരക്കല്ലിലൂടെ ഓരോ ധർമ്മഗ്രന്ഥത്തിൻ്റെയും സത്യം കൂടുതൽ പ്രകാശിതമാകുന്നു ഗീതയിൽ നിന്നും പരസ്പരവിരുദ്ധമായി അനുഭവപ്പെടുന്ന ആശയങ്ങൾക്ക് സമുചിതമായ സമാധാനം ലഭിക്കുന്നു ഓരോ ധർമ്മഗ്രന്ഥവും ലോകത്തിൽ ജീവിക്കാനുള്ള കലയെപ്പറ്റിയും കർമ്മകാണ്ഡത്തെപ്പറ്റിയും വിശദമായി പ്രതിപാദിക്കുന്നു ജീവിതം ആകർഷകമാക്കാൻ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെപ്പറ്റി രോചകമോ ഭയാനകമോ ആയ വർണ്ണനകൾ ധർമ്മഗ്രന്ഥങ്ങളിൽ സുലഭമാണ് കർമ്മകാണ്ഡത്തിലെ പഴയ ആചാരങ്ങളെ ജനങ്ങൾ ധർമ്മമെന്ന് ധരിച്ച് വശായി ജീവനകലയുടെ സമർത്ഥമായ നിർവഹണത്തിനായി ചെയ്യപ്പെടുന്ന പൂജാരീതികൾക്ക് കാലം ുറ്റുപാടുകൾ എന്നിവയനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികം മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ കലഹങ്ങൾ ഉണ്ടാവുന്നത് ഇക്കാരണത്താലാണ് ഗീത ഈ നശ്വര വ്യവസ്ഥകളിൽ നിന്നും ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് ഉയരാനുള്ള ക്രിയാത്മക യത്നമാണ് ഇതിലെ ഒരു ശ്ലോകം പോലും ഭൗതിക ജീവിതം നയിക്കുന്നതിന് സഹായമരുളാനായി എഴുതപ്പെട്ടതല്ല ഗീതാശ്ലോകങ്ങൾ ആന്തരികമായി യുദ്ധം തുടരാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ധർമ്മഗ്രന്ഥങ്ങൾ എന്ന അവകാശപ്പെടുന്ന കൃതികൾ ചെയ്യും പോലെ സ്വർഗനരകങ്ങൾ കാട്ടി പേടിപ്പിക്കുകയല്ല മറിച്ച് ജനന മരണബന്ധം പൊട്ടിച്ചുകളഞ്ഞ് ആളുകളെ അമരത്വത്തിലേക്ക് നയിക്കുകയാണ് ഗീത ചെയ്യുന്നത് ഓരോ മഹാപുരുഷനും തനതായ ശബ്ദവും ശൈലിയും കാണും യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ ഗീതയിൽ കർമ്മം യജ്ഞം വർണ്ണം വർണ്ണസങ്കരം യുദ്ധം ക്ഷേത്രം ജ്ഞാനം തുടങ്ങിയ പദങ്ങൾ ഇടയ്ക്കിടെ പ്രയോഗിക്കുന്നുണ്ട് ഇവയ്ക്ക് തനതായ അർത്ഥതലങ്ങളുമുണ്ട് ആവർത്തനത്തിൽ പോലും ഇവയ്ക്ക് തനതായ സവിശേഷ സൗന്ദര്യമുണ്ട് ഈ പദങ്ങൾ സമുചിതമായ ഹിന്ദി പദങ്ങളിൽ വിവർത്തിതമായിട്ടുണ്ട് ആവശ്യമുള്ളിടത്ത് വിശദീകരണങ്ങളും കാണാം താഴെ ചേർക്കുന്ന പ്രശ്നങ്ങളാണ് ഗീതയിലെ ആകർഷണ കേന്ദ്രങ്ങൾ ഇവയുടെ അർത്ഥം ഇന്നത്തെ തലമുറയ്ക്ക് അജ്ഞാതമായിരിക്കുന്നു ഇവയുടെ ശരിയായ ആശയം യഥാർത്ഥ ഗീതയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ചില ഉദാഹരണങ്ങൾ നോക്കുക ഒന്ന് ശ്രീകൃഷ്ണൻ ഒരു യോഗേശ്വരനായിരുന്നു രണ്ട് സത്യം ആത്മാവ് മാത്രമാണ് സത്യം മൂന്ന് സനാതനം ആത്മാവ് സനാതനമാണ് പരമാത്മാവും സനാതനം നാല് സനാതനധർമ്മം പരമാത്മ സാക്ഷാത്കാരത്തിനായിട്ടുള്ള ക്രിയയാകുന്നു അഞ്ച് യുദ്ധം ദേവസമ്പത്തും അസുരസമ്പത്തും തമ്മിലുള്ള സംഘർഷം അന്ധക്കരണത്തിൻ്റെ രണ്ട് പ്രവർത്തനങ്ങളായ ഈ രണ്ട് സമ്പത്തുകളും ഒടുവിൽ ഇല്ലാതാകും ആറ് യുദ്ധസ്ഥാനം മനുഷ്യ ശരീരവും മനസും ഇന്ദ്രിയങ്ങളും ഏഴ് ജ്ഞാനം പരമാത്മസാക്ഷാത്കാരമാണ് ജ്ഞാനം എട്ട് യോഗം ലോകജീവിതത്തിലെ സംയോഗവിയോഗങ്ങൾക്ക് വിധേയമാകാത്ത അവ്യക്തബ്രഹ്മവുമായുള്ള ഒത്തുചേരൽ ഒമ്പത് ജ്ഞാനയോഗം ആരാധന തന്നെ കർമ്മം ആത്മനിർഭരനായി കർമ്മത്തിൽ മുഴുകുന്നതാണ് ജ്ഞാനയോഗം പത്ത് നിഷ്കാമകർമ്മയോഗം പരമാത്മാവിൽ സർവസ്വം സമർപ്പിച്ച് കർമ്മത്തിൽ മുഴുകുന്നതാണ് നിഷ്കാമ കർമ്മയോഗം പതിനൊന്ന് ശ്രീകൃഷ്ണൻ ഏത് സത്യമാണ് പ്രഖ്യാപിച്ചത് തത്ത്വദർശികൾ മുമ്പിനാലെ കണ്ടറിഞ്ഞിട്ടുള്ളതും ഇനിയും കണ്ടറിയാൻ പോകുന്നതുമായ സത്യം പന്ത്രണ്ട് യജ്ഞം സാധനകൾ അനുഷ്ഠിക്കുന്നതിനുള്ള വിശേഷവിധികളുടെ പേരാണ് യജ്ഞമെന്നത് പതിമൂന്ന് കർമ്മം യജ്ഞത്തിനുള്ള കാര്യരൂപം നൽകുന്നതാണ് കർമ്മം പതിനാല് വർണ്ണം ആരാധനാവിധികളുടെ അതായത് കർമ്മത്തിൻ്റെ നാല് പടികളാണ് നാല് വർണ്ണങ്ങൾ ഒരു സാധകന്റെ തന്നെ ഉയർന്നതും താഴ്ന്നതുമായ കർമ്മതലങ്ങളാണവ അല്ലാതെ ഭിന്നജാതികളല്ല പതിനഞ്ച് വർണ്ണസങ്കരം പരമാത്മപഥത്തിൽ നിന്ന് തെറ്റിമാറുന്നത് അഥവാ സാധനകളിൽ ഭ്രമം സംഭവിക്കുന്നത് അതാണ് വർണ്ണസങ്കരം പതിനാറ് മനുഷ്യശ്രേണി അന്ധക്കരണത്തിൻ്റെ സ്വഭാവമനുസരിച്ച് നോക്കുമ്പോൾ രണ്ട് തരത്തിലാണ് മനുഷ്യർ ദേവപ്രകൃതികളും അസുരപ്രകൃതികളും സ്വഭാവത്തിലൂടെ നിർണയിക്കപ്പെടുന്ന ഇവയാണ് രണ്ട് ജാതികൾ ഈ സ്വഭാവം കൂടുകയോ കുറയുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനേഴ് ദേവത ഹൃദയദേശത്തിലുള്ള പരമാത്മാവിൻ്റെ ദിവ്യത്വം ഒരാൾ നേടുന്ന ഗുണങ്ങളുടെ ആകത്തുകയാണ് ബാഹ്യദേവന്മാരെ പൂജിക്കുന്നത് മൂഢബുദ്ധികളുടെ സ്വഭാവമാണ് പതിനെട്ട് അവതാർ ഈശ്വരൻ അവതരിക്കുന്നത് വ്യക്തികളുടെ ഹൃദയത്തിലാണ് വെളിയിലല്ല പത്തൊമ്പത് വിരാട് ദർശനം യോഗിയുടെ ഉള്ളിലുണ്ടാകുന്ന ഈശ്വരാനുഭൂതി ഭഗവാൻ സാധകനിൽ ദൃഷ്ടിയൂന്നി നിൽക്കുമ്പോഴാണ് ഇത്തരം ദിവ്യദർശനമുണ്ടാകുന്നത് ഇരുപത് പൂജനീയനായ ഇഷ്ടദേവൻ ഏകനായ പരമാത്മാവ് മാത്രമാണ് ആ പരംപൊരുളിനെ അന്വേഷിക്കേണ്ടത് ഹൃദയത്തിലാണ് പരബ്രഹ്മത്തെ പ്രാപിക്കേണ്ടത് ആ അവ്യക്ത സ്വരൂപത്തിൽ എത്തിച്ചേർന്ന മഹാപുരുഷന്മാരിലൂടെയാണ് യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ സ്വരൂപം മനസ്സിലാക്കാൻ ഗീത മൂന്നാം അധ്യായത്തോളം വായിക്കേണ്ടതായിട്ടുണ്ട് അധ്യായം പതിമൂന്ന് കഴിയുമ്പോഴേക്ക് ശ്രീകൃഷ്ണൻ യഥാർത്ഥ യോഗിയായിരുന്നു എന്ന് ബോധ്യപ്പെടും അധ്യായം രണ്ടു മുതൽ തന്നെ സത്യം വെളിവായി തുടങ്ങും സനാതനത്വവും സത്യവും പരസ്പര പൂരകങ്ങളാണ് എന്ന വസ്തുത രണ്ടാമധ്യായം മുതൽക്കേ സ്പഷ്ടമായി തുടങ്ങും ഈ വെളിപ്പെടൽ അന്തിമാധ്യായം വരെ തുടരും യുദ്ധത്തിന്റെ ഗതി നാലാം അധ്യായമാകുമ്പോഴേക്കും അറിഞ്ഞു തുടങ്ങും പതിനൊന്നാം അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ സംശയങ്ങളെല്ലാം വേരറ്റ് വീഴും പതിനാറാം അധ്യായം വരെ ഈ പ്രക്രിയ തുടരും യുദ്ധസ്ഥലത്തെപ്പറ്റി മനസ്സിലാക്കാൻ പതിമൂന്നാം അധ്യായം ആവർത്തിച്ചു വായിക്കേണ്ടതുണ്ട് പ്രത്യക്ഷ ദർശനം തന്നെ ജ്ഞാനം എന്ന വസ്തുത നാലാം അധ്യായം മുതൽ വെളിവായി തുടങ്ങും പതിമൂന്നാം അധ്യായത്തിലെത്തുമ്പോൾ അക്കാര്യം വളരെ നന്നായി മനസ്സിലാവുകയും ചെയ്യും ആറാം അധ്യായം വായിക്കുന്നതോടെ യോഗത്തിന്റെ അർത്ഥം മനസ്സിലാകും ഗ്രന്ഥം തീരും വരെ യോഗത്തിന്റെ വിഭിന്നാംശങ്ങളുടെ നിർവചനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും മൂന്നാം അധ്യായത്തിൽ തുടങ്ങി നാലാം അധ്യായത്തിലെത്തുമ്പോഴേക്ക് ജ്ഞാനയോഗ രഹസ്യങ്ങൾ സ്പഷ്ടമാകും നിഷ്കാമ കർമ്മയോഗം രണ്ടാമധ്യായം മുതൽ ഗ്രന്ഥാന്ത്യം വരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മൂന്നും നാലും അധ്യായങ്ങൾ യജ്ഞം എന്തെന്ന് സ്പഷ്ടമാക്കുന്നു കർമ്മം എന്ന വാക്ക് ആദ്യം കാണുന്നത് രണ്ടാം അധ്യായം മുപ്പത്തൊമ്പതാം ശ്ലോകത്തിലാണ് ഇതു മുതൽ നാലാം അധ്യായത്തിലെ അവസാന ശ്ലോകം വരെ വായിച്ചാൽ ആരാധനയെന്നും ഭജനമെന്നും കർമ്മപഥത്തിന് അർത്ഥം കിട്ടിയത് എങ്ങനെയാണെന്ന് പതിനാറും പതിനേഴും അധ്യായങ്ങൾ ഇതുതന്നെയാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തും മൂന്നാം അധ്യായത്തിൽ വർണ്ണസങ്കരവും നാലാം അധ്യായത്തിൽ അവതാരവും സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു വർണ്ണവ്യവസ്ഥയെപ്പറ്റി അറിയാൻ പതിനെട്ടാം അധ്യായം നോക്കണം അതിന്റെ സൂചനകൾ മൂന്നും നാലും അധ്യായങ്ങളിൽ കാണാം മനുഷ്യരിലെ ദേവാസുരജാതികളെപ്പറ്റി പതിനാറാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു വിശ്വരൂപ പ്രദർശനം പത്തും പതിനൊന്നും അധ്യായങ്ങളിൽ വർണ്ണിതമായിട്ടുണ്ട് ഏഴ് ഒമ്പത് പതിനഞ്ച് എന്നീ അധ്യായങ്ങളും ഇക്കാര്യത്തിൽ വെളിച്ചം വീശുന്നുണ്ട് ഏഴ് ഒമ്പത് പതിനേഴ് എന്നീ അധ്യായങ്ങൾ വായിച്ചാൽ ബാഹ്യദേവതകളുടെ അസ്തിത്വഹീനത ബോധ്യപ്പെടും പരമാത്മ പൂജയ്ക്കായുള്ള സ്ഥലം ഹൃദയദേശം മാത്രം അവിടെ ധ്യാനം പ്രാണായാമം തുടങ്ങിയ ക്രിയകൾ ഏകാന്തതയിലിരുന്ന് നിർവഹിക്കാം അതായത് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ മുമ്പിലല്ല ഈ വസ്തുത മൂന്ന് നാല് ആറ് പതിനെട്ട് എന്നീ അധ്യായങ്ങളിൽ നിന്നും സ്പഷ്ടമാകും അധികം ചിന്തിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഫലമില്ല ആറാം അധ്യായം വരെ അധ്യയനം നടത്തിയാൽ തന്നെ ഗീതയുടെ അടിസ്ഥാനപരമായ ആശയം ഉൾക്കൊള്ളാനാകും ഗീത ജീവിത പോരാട്ടത്തിന് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമല്ല പിന്നെയോ ജീവിതായോധനത്തിൽ ശാശ്വത വിജയം നേടാനുള്ള പരിശീലന വേദിയാണ് അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു യുദ്ധഗ്രന്ഥമായും ഇതിനെ കരുതാം എന്നാൽ വാൾ വില്ല് അമ്പ് ഗത കുന്തം എന്നിവ കൊണ്ട് നടത്തേണ്ട ഒരു ബാഹ്യ സമരത്തെപ്പറ്റിയല്ല ഇതിൽ വിവരിക്കുന്നത് ഇത്തരം സമരങ്ങളിലൂടെ ശാശ്വത വിജയം നേടാനാവില്ല നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന സംഘർഷമാണ് ഗീതയിലെ പ്രതിപാദ്യം ഈ സംഘർഷത്തിൻ്റെ പ്രതീകാത്മകമായ പ്രതിപാദനം നമ്മുടെ വാക്മയ പാരമ്പര്യത്തിന്റെ സ്വഭാവമാണ് വേദത്തിലെ ഇന്ദ്രനും വൃത്രനും തമ്മിലും വിദ്യയും അവിദ്യയും തമ്മിലും പുരാണങ്ങളിലെ ദേവന്മാരും അസുരന്മാരും തമ്മിലും രാമായണ മഹാകാവ്യത്തിലെ രാമനും രാവണനും തമ്മിലും കൌരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള സംഘർഷം തന്നെയാകുന്നു ഗീതയിലെ ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും തമ്മിലുള്ള ദൈവീക സമ്പത്തും ആസുരിക സമ്പത്തും തമ്മിലും സജാതീയ വിജാതീയ വികാരങ്ങൾ തമ്മിലും സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും തമ്മിലുള്ള സംഘർഷമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ സംഘർഷം എവിടെയാണ് നടക്കുന്നത് നടക്കുന്ന സ്ഥലമേത് ഗീതയിലെ ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും ഭാരതത്തിലെ ഏതെങ്കിലും ഭൂവിഭാഗത്തിലല്ല ഗീതാകാരന്റെ അഭിപ്രായത്തിൽ ഇതം ശരീരം കൌന്തേയ ക്ഷേത്രമിത്യവിധീയത ഈ ശരീരം തന്നെ ക്ഷേത്രമാണ് ഈ നിലത്തിൽ വിതയ്ക്കുന്ന നന്മയുടെയും തിന്മയുടെയും വിത്തുകൾ സംസ്കാരത്തിന്റെ രൂപത്തിൽ മുളച്ചുവരുന്നു പത്ത് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അഞ്ചു വികാരങ്ങൾ ത്രിഗുണങ്ങൾ എന്നിവയിലൂടെ ആ ക്ഷേത്രം വികസിക്കുന്നു പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ത്രിഗുണങ്ങളാൽ വിവശരായ മനുഷ്യർക്ക് കർമ്മം ചെയ്യേണ്ടതായി വരുന്നു ഒരു ക്ഷണം പോലും കർമ്മം ചെയ്യാതെ ആർക്കും കഴിയാൻ സാധ്യമല്ല പുനരഭിജനം പുനരഭിമരണം പുനരഭിജനനി ജരെ ശയനം ജന്മജന്മാന്തരങ്ങളായി കർമ്മം ചെയ്തുകൊണ്ട് ആളുകൾ കാലം കഴിക്കുന്നു ഇതാണ് കുരുക്ഷേത്രം സാധനയുടെ വിവിധ മാർഗങ്ങളിലൂടെ പുരോഗമിച്ച് സാധകൻ പരബ്രഹ്മം എന്ന പരമധർമ്മത്തോടടുക്കുമ്പോൾ ഈ ക്ഷേത്രം ധർമ്മക്ഷേത്രമായി മാറുന്നു ഈ ശരീരം തന്നെയാകുന്നു ക്ഷേത്രം ഈ ശരീരത്തിനുള്ളിൽ പണ്ടേ നിലനിൽക്കുന്ന രണ്ട് അന്ധക്കരണ വൃത്തികളാണ് ദൈവീക സമ്പത്തും ആസുരിക സമ്പത്തും ഇതിൽ ദേവസമ്പത്താണ് പുണ്യരൂപിയായ പാണ്ഡുവും കർത്തവ്യരൂപിണിയായ കുന്തിയും പുണ്യം വികസിക്കും യഥാർത്ഥ കർത്തവ്യം എന്താണെന്നറിയാതെ മനുഷ്യർ ഉള്ളിൽ തോന്നുന്നതെല്ലാം ചെയ്തുകൂട്ടുന്നു പുണ്യമില്ലെങ്കിൽ കർത്തവ്യമെന്തെന്നറിയാൻ കൂടി സാധിക്കയില്ല കുന്തി പാണ്ഡുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് നേടിയ നേട്ടം കർണനായിരുന്നു അയാൾ ജീവിതകാലം മുഴുവൻ കുന്തിപുത്രന്മാരോട് വഴക്കടിച്ചു കഴിഞ്ഞുകൂടി പാണ്ഡവർക്ക് കീഴടക്കാൻ വിഷമമുള്ള ഒരേ ശത്രു കർണനായിരുന്നു ബന്ധകാരിയായ വിജാതീയ കർമ്മത്തിന്റെ പ്രതീകമാണ് കർണൻ പരമ്പരാഗതമായ ആചാരങ്ങളുടെ ചിത്രണം കർണനിൽ കാണാം ദ്ധതികൾ അവിടെ ഉപേക്ഷിക്കപ്പെടുന്നില്ല പുണ്യത്തിൻ്റെ മൂർത്തിരൂപിയായ ധർമ്മപുത്രരും അനുരാഗരൂപിയായ അർജുനനും ഭാവരൂപിയായ ഭീമനും നിയമരൂപിയായ നകുലനും സത്സംഗരൂപിയായ സഹദേവനും സ്വാത്തികരൂപിയായ സ്വാത്തികിയും കായശക്തിരൂപിയായ കാശിരാജനും കർത്തവ്യനിർവഹണത്തിലൂടെ സംസാര വിജയം നേടുന്ന കുന്ദിഭോജനം മറ്റും ഇഷ്ടോന്മുഖമായ മാനസിക വൃത്തികളുടെ ഉത്കൃഷ്ടോദാഹരണങ്ങളാണ് ഇവരുടെ സംഖ്യ ഏഴ് അക്ഷൌഹിണിയാകുന്നു അക്ഷ എന്നാൽ ദൃഷ്ടി എന്നർത്ഥം സത്യമയമായ ദൃഷ്ടിയിലൂടെ സജ്ജീകരിക്കപ്പെട്ടതാണ് ദൈവിക സമ്പത്ത് പരമധർമ്മ സ്വരൂപമായ പരബ്രഹ്മത്തിലേക്ക് നയിക്കുന്ന ഏഴ് കോണിപ്പടികളാണ് ക്ഷൌഹിണികൾ അവയ്ക്ക് ഭടന്മാരുടെ എണ്ണവുമായി ബന്ധമില്ല എല്ലാം അന്ധക്കരണ മാത്രം വാസ്തവത്തിൽ അനന്തമാണ് ഈ വൃത്തികൾ മറ്റൊരു ഭാഗമാണ് കുരുക്ഷേത്രം അവിടെ പത്തിന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടെ പതിനൊന്ന് അക്ഷൌഹിണികളാണുള്ളത് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും കാഴ്ചപ്പാടിലൂടെ സംഘടിതമായ ആസുരസമ്പത്താണത് അതിൽ സത്യമറിഞ്ഞിട്ടും അന്ധനായിരിക്കുന്ന അജ്ഞാനരൂപിയായ ധൃതരാഷ്ട്രരും ഇന്ദ്രിയങ്ങളെ ആധാരമാക്കിയുള്ള കർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന ഗാന്ധാരിയുമുണ്ട് കൂടെ മോഹരൂപിയായ ദുര്യോധനൻ ദുർബുദ്ധിരൂപിയായ ദുഃശാസനൻ വിജാതീയ കർമ്മരൂപിയായ കർണൻ ഭ്രമരൂപിയായ ഭീക്ഷ്മർ ദ്വൈതചരണരൂപിയായ ദ്രോണാചര്യർ ആസക്തിരൂപിയായ അശ്വത്ഥാമാവ് വികൽപ്പരൂപിയായ വികർണൻ അപൂർണ സാധനയിൽ കൃപയുടെ ആചരണരൂപിയായ കൃപാചാര്യർ പിന്നെ ഇവരുടെയെല്ലാം ഇടയിൽ ജീവരൂപിയായ വിതുരും അദ്ദേഹം അജ്ഞതയോടൊത്ത് കഴിയുന്നുവെങ്കിലും എപ്പോഴും പാണ്ഡവരുടെ മേലാണ് ദൃഷ്ടി പുണ്യകർമ്മങ്ങളിലാണ് താൽപര്യം എന്തെന്നാൽ ആ ആത്മാവ് പരമാത്മാവിൻ്റെ ശുദ്ധമായ അംശമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ആ സുരസമ്പത്തും അനന്തമാണെന്ന് കാണാം എന്നാൽ ക്ഷേത്രം ഒന്നു മാത്രം ഈ ശരീരക്ഷേത്രത്തിൽ പരസ്പരം പോരാടുന്ന ശക്തികൾ രണ്ടുണ്ട് ഇതിൽ ഒന്ന് ആസുരിക ശക്തി ഇത് മനുഷ്യരെ പ്രകൃതിയിൽ വിശ്വസിപ്പിച്ച് അധമയോനികളിൽ ജനിക്കാൻ കാരണമാക്കുന്നു മറ്റേത് ദൈവീക ശക്തി ഇത് പരമാത്മാവിൽ വിശ്വാസമുണ്ടാക്കി പരമപ്രാപ്തി പ്രദാനം ചെയ്യുന്നു തത്വദർശികളായ മഹാപുരുഷന്മാരുടെ മേൽനോട്ടത്തിൽ അനുക്രമം സാധനകൾ അനുഷ്ഠിച്ചാൽ ദൈവീക സമ്പത്ത് വർദ്ധിക്കുകയും ആസുരീ സമ്പത്ത് ക്ഷയിക്കുകയും ചെയ്യും വികാരവിചാരങ്ങൾ കെട്ടടങ്ങി മനസ്സ് നിരുഗ്ധമായി തീർന്ന് ഒടുവിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ ദൈവീക സമ്പത്തിൻ്റെയും ആവശ്യം ഇല്ലാതായിത്തീരുന്നു കൗരവപക്ഷത്തോടൊപ്പം പാണ്ഡവപക്ഷത്തെ യോദ്ധാക്കളും യോഗേശ്വരനിൽ ലയിക്കാൻ തുടങ്ങുന്നതായി അർജുനൻ കണ്ടു ഈ വിലയം പൂർണ്ണമാകുമ്പോൾ ദൈവിക സമ്പത്തും വിലീനമാകും ഇത് അന്തിമവും ശാശ്വതവുമായ പരിണാമമാകുന്നു ഈ സ്ഥിതി വന്ന ശേഷം മഹാപുരുഷന്മാർ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് അനുയായികൾക്ക് വഴികാട്ടാൻ മാത്രമാകുന്നു ലോകാനുഗ്രഹത്തിനായി മഹാപുരുഷന്മാർ സൂക്ഷ്മഭാവങ്ങളെ സ്ഥൂല രൂപങ്ങൾ നൽകി വർണ്ണിക്കുന്നു ഗീത വൃത്ത നിബദ്ധവും വ്യാകരണ സമ്മതവുമാണ് എന്നാൽ ഇതിലെ കഥാപാത്രങ്ങൾ പ്രതീകാത്മകങ്ങളാണ് അമൂർത്ത ഗുണങ്ങളെ മൂർത്തരൂപങ്ങളാക്കി അവതരിപ്പിച്ചിരിക്കുകയാണിതിൽ ഗീതയുടെ തുടക്കത്തിൽ മുപ്പത് നാൽപ്പത് കഥാപാത്രങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അവയിൽ പകുതിയോളം സജാതീയമാണ് ബാക്കി വിജാതീയവും കുറേ പേർ പാണ്ഡവപക്ഷത്തിൽ മറ്റു കുറേ പേർ കൗരവപക്ഷത്തിൽ വിശ്വരൂപദർശനവേളയിൽ ഇവയിൽ നിന്ന് അഞ്ചാറ് പേരുകൾ വീണ്ടും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു ഈ ആളുകളെപ്പറ്റി ഗീതയുടെ ഇതര ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല അർജുനൻ മാത്രമാണ് യോഗേശ്വരന്റെ സമക്ഷത്തിൽ ആദ്യന്തം കാണപ്പെടുന്ന ഏക കഥാപാത്രം അദ്ദേഹത്തിന് പോലും ഒരു പ്രത്യേക വ്യക്തി എന്ന നിലയിലല്ല ഒരു പ്രതീകം എന്ന നിലയിലാണ് ഇവിടെ പ്രസക്തി ഗീതാരംഭത്തിൽ സനാതന കുലധർമ്മത്തിന്റെ കാര്യത്തിൽ അർജുനന് മൗഢ്യം അനുഭവപ്പെടുന്നു എന്നാൽ യോഗേശ്വരനായ കൃഷ്ണനാകട്ടെ ഈ മൗഢ്യം അജ്ഞാനജന്യമാണെന്നറിയിക്കുകയും ആത്മാവ് സനാതനവും ശരീരം നശ്വരവുമാകയാൽ സമരസന്നദ്ധനാകാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു അർജുനൻ കൌരവന്മാരെ മാത്രേ കൊല്ലാവൂ എന്ന് ഈ ഉപദേശത്തിൽ പറഞ്ഞതായി തെളിയുന്നില്ല പാണ്ഡവപക്ഷത്തും ശരീരം പോറ്റാൻ മാത്രം ജീവിതം നയിക്കുന്നവരുണ്ടായിരുന്നു ഇരുകൂട്ടരും അടുത്ത ബന്ധുക്കളായിരുന്നല്ലോ സംസ്കാരത്തിന്റെ ആധാരമായ ശരീരം വാളുകൊണ്ട് വെട്ടിമുറിച്ചാൽ ഇല്ലാതാവുമോ ശരീരം നാശോന്മുഖവും അസ്തിത്വം ഇല്ലാത്തതുമാണെങ്കിൽ അർജുനനും അത് ബാധകമല്ലേ ശ്രീകൃഷ്ണൻ ആരെ രക്ഷിക്കാനാണ് നിലകൊണ്ടത് ശരീരധാരിയായ ഒരാളെ രക്ഷിക്കാനോ ശ്രീകൃഷ്ണൻ പറഞ്ഞു ശരീരം മാത്രം പുലർത്തുന്ന പാപിഷ്ടനും മൂഢബുദ്ധിയുമായ ആൾ വെറുതെ ജീവിതം തുലയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉദ്ഘോഷിച്ച ശ്രീകൃഷ്ണൻ ഒരു ശരീരധാരിയെ സംരക്ഷിക്കാൻ നിലകൊള്ളുമ്പോൾ സ്വയം മൂഢബുദ്ധിയും വ്യർത്ഥമായി ജീവിതം നയിക്കുന്നവനുമായി പോവില്ലേ അനുരാഗത്തിന്റെ പ്രതീകമാണ് അർജുനൻ എന്നതാണ് സത്യം അനുരാഗിക്ക് വേണ്ടി മഹാപുരുഷന്മാർ എക്കാലവും നിലകൊള്ളുന്നു അർജുനൻ ശിഷ്യനാണ് ശ്രീകൃഷ്ണൻ സദ്ഗുരുവും വിനയാന്യുതനായി അർജുനൻ മൊഴിഞ്ഞു ധർമ്മം എന്താണെന്നറിയാതെ മോഹിത എനിക്ക് ശ്രേയസ് എന്താണെന്ന് ഉപദേശിച്ചാലും അർജുനൻ ശ്രേയസാണ് കാഷിച്ചത് പ്രേയസ് അഥവാ ഭൗതിക നേട്ടം അല്ല എനിക്ക് പരിഹാരമുണ്ടാക്കണേ രക്ഷിക്കണേയെന്നൊന്നും അർജുനൻ അപേക്ഷിച്ചില്ല ഞാൻ അവിടുത്തെ ശിഷ്യനാണ് ശരണാഗതനാണ് എന്നേ പറഞ്ഞുള്ളൂ അദ്ദേഹം ആർത്തന്മാർക്ക് രക്ഷകനായ സദ്ഗുരുവാണ് ശ്രീകൃഷ്ണൻ എന്ന ഗീതയിൽ ഇടയ്ക്കിടെ വ്യക്തമാക്കുന്നുണ്ട് അത്തരം സദ്ഗുരുക്കന്മാർ രാഘവാന്മാരായ ശിഷ്യന്മാരോടൊത്ത് കഴിഞ്ഞ് അവർക്ക് മാർഗദർശനം നൽകാറുണ്ട് അതുപോലെ ഭാവുകത്വമുള്ള ഏതെങ്കിലും വ്യക്തി പൂജ്യപരമാനന്ദഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശിക്കുമായിരുന്നു വരൂ ശരീരം കൊണ്ട് എവിടെയായാലും മനസ്സുകൊണ്ട് എന്റെ അരികത്ത് കഴിയൂ രാവിലെയും വൈകിട്ടും രാമൻ ശിവൻ ഓം എന്നിങ്ങനെ ഒന്നോ രണ്ടോ രണ്ടരയോ അക്ഷരമുള്ള ഏതെങ്കിലും നാമം ജപിച്ചിട്ട് ഉള്ളിൽ എന്റെ രൂപം ധ്യാനിക്കൂ ഒരു മിനിറ്റെങ്കിലും രൂപം ഉറച്ചാൽ ആരുടെ നാമം ജപിച്ചോ ആ ആളെ ഞാൻ നിങ്ങൾക്ക് നൽകാം കൂടുതൽ സമയം രൂപം ഉറച്ചാൽ നിങ്ങളുടെ ഹൃദയരഥത്തിൽ ഉപവിഷ്ടനായി എക്കാലവും ഞാൻ നിങ്ങളോടൊത്ത് കഴിയാം ധ്യാനം ശരിക്കും ഉറയ്ക്കുകയാണെങ്കിൽ സ്വന്തം ശരീര അംഗങ്ങൾ എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ സദ്ഗുരുവും നിങ്ങളോടൊന്നു ചേർന്ന് കഴിയുന്നതായി അനുഭവപ്പെടും നിങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലത്താണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തൊട്ടടുത്ത് തന്നെയുള്ളതായി തോന്നും മനസ്സിൽ അന്യചിന്തകൾ ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നൽകി തുടങ്ങും അനുരാഗിയുടെ ഹൃദയത്തിൽ ആത്മാവിനെപ്പോലെ അഭിന്നൻ എന്നോണം ആ മഹാപുരുഷൻ ജാഗ്രത്തായി നിലകൊള്ളും അർജുനൻ അനുരാഗത്തിന്റെ പ്രതീകമാണ് ഗീത പതിനൊന്നാം അധ്യായത്തിൽ യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ സർവേശ്വരത്വം കണ്ട് അർജുനൻ തന്റെ തെറ്റുകൾ പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചു ശ്രീകൃഷ്ണൻ തെറ്റുകൾ പൊറുക്കുകയും അർജുനൻ അപേക്ഷിച്ചതനുസരിച്ച് സൗമ്യൂപം സ്വീകരിച്ച് ഇങ്ങനെ അരുളി ചെയ്യുകയും ചെയ്തു അർജുന എന്റെ വിശ്വരൂപം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല ഇനിയോട്ട് കാണാനും പോകുന്നില്ല അപ്പോൾ ഗീത നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമാണോ ആ ദിവ്യദർശനം അർജുനന് മാത്രം അവകാശപ്പെട്ടതാണല്ലോ എന്തെന്നാൽ സഞ്ജയനും ആ സമയത്ത് വിശ്വരൂപം ദർശിച്ചല്ലോ ഞാൻ തവസ കൊണ്ട് പരിശുദ്ധി നേടിയ തബോധനന്മാർ എന്റെ ദിവ്യരൂപം മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മഹാപുരുഷൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു വാസ്തവത്തിൽ ഈശ്വരപ്രേമം തന്നെയാണ് അർജുനൻ അത് ഹൃദയത്തിന്റെ ഒരു ഭാവവിശേഷമാണ് ഭക്തിയില്ലാത്ത ഒരാൾ ഇതിനു എന്നെ സാക്ഷാത്കരിച്ചിട്ടില്ല ഇനി സാക്ഷാത്കരിക്കുകയുമില്ല ഇതാണ് ശ്രീകൃഷ്ണവാക്യത്തിന്റെ ആന്തരാർത്ഥം മിലഹിന രഘുപതി ബിനു അനുരാഗ കിയേ ജോഗ് തപ് ജ്യാന ബിരാഗ കോടി ജന്മങ്ങളായി ജപം യോഗം വൈരാഗ്യം എന്നിവ തുടർന്നാലും ഭക്തിയില്ലാത്ത ഒരാളിന് രഘുപതിയോട് ചേരാനാവില്ല എന്ന് തുളസി രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് അതിനാൽ അർജുനൻ ഒരു പ്രതീകം മാത്രമെന്നറിയണം ഈ അറിവ് ഉൾക്കൊള്ളാനാവില്ലെങ്കിൽ ഗീതയുടെ പിന്നാലെ പോകാതിരിക്കെയാണ് നല്ലത് എന്തെന്നാൽ ഗീത സങ്കുചിത ബുദ്ധികൾക്ക് വേണ്ടിയുള്ളതല്ല ആ ദിവ്യദർശനത്തിനുള്ള അർഹത അർജുനനോടുകൂടി അവസാനിക്കുകയാണെന്നല്ലേ പലരും തെറ്റായി വിശ്വസിക്കുന്നത് അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യോഗേശ്വരൻ ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു അർജുന അനന്യഭക്തിയും ശ്രദ്ധയുമുള്ളവർക്ക് നിനക്ക് കിട്ടിയതുപോലുള്ള ദിവ്യദർശനവും എന്റെ തത്വത്തെപ്പറ്റിയുള്ള അവബോധവും എന്റെ സാരൂപ്യവും ലഭ്യമാവും അനന്യഭക്തി ഈശ്വരപ്രേമത്തിന്റെ മറ്റൊരു രൂപമാണ് ഇത് തന്നെ അർജുന സ്വരൂപം ഒരു പതികന്റെ പ്രതിരൂപമാണ് അർജുനൻ ഇങ്ങനെ നോക്കുമ്പോൾ ഗീതയിലെ കഥാപാത്രങ്ങളെല്ലാം പ്രതീകാത്മ പ്രകൃതികളാണെന്ന് കാണാൻ കഴിയും ഇതിന്റെ സൂചന ഗീതയുടെ മിക്ക ഭാഗങ്ങളിലും കാണാവുന്നതാണ് ചരിത്രപ്രസിദ്ധരായ കൃഷ്ണാർജുനന്മാർ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഇരിക്കട്ടെ ഇങ്ങനെ ഒരു മഹായുദ്ധം നടന്നിരുന്നു എന്നും സമ്മതിക്കാം എന്നാലും ഗീതയിൽ ഭൗതികമായ യുദ്ധം ഒരിക്കലും വർണ്ണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം ഐതിഹാസികമായ ആ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അർജുനൻ ഇതി കർത്തവ്യതാമൂഢനായിരുന്നു എന്നാൽ സൈന്യത്തിന് ഒരു കുലക്കവുമുണ്ടായിരുന്നില്ല സൈന്യൻ യുദ്ധസന്നദ്ധമായി തന്നെ നിലയുറപ്പിച്ചിരുന്നു ശ്രീകൃഷ്ണൻ അർജുനന്റെ ഗീതയുപദേശിച്ചതുകൊണ്ട് സവ്യസാചിയായ അർജുനന്റെ സൈന്യം കൂടുതൽ ശക്തമായോ കടലാസിൽ ചില ഉപകരണങ്ങളുടെ പേരുകൾ കുറിച്ചെന്ന് വെച്ച് ആ ഉപകരണങ്ങൾ ലഭ്യമാവണമെന്നില്ലല്ലോ എല്ലാം പ്രസ്താവിച്ചു കഴിഞ്ഞെന്നവകാശപ്പെട്ടാലും വക്തവ്യമായ കാര്യങ്ങൾ പിന്നെയും അവശേഷിക്കും അങ്ങനെ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത സത്യങ്ങൾ അനാവരണം ചെയ്യാനുള്ള പ്രേരണ നാളത്തെ അന്വേഷകർക്ക് ഈ യഥാർത്ഥ ഗീത നൽകുമെന്നാണ് ഈ ലേഖകന്റെ പ്രതീക്ഷ സദ്ഗുരു കൃപാശ്രി ജഗദ്ബന്ധു സ്വാമി അടഗടാനന്ദ് ുരുപൂർണിമ ഇരുപത്തിനാല് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന്